പ്രിയ ശ്രോതാക്കളെ കഥ ചിപ്പി ലക്ഷദ്വീപിന്റെ ചരിത്രം സംസ്കാരം സാമൂഹിക ജീവിതം തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തി അവയിൽ നിന്ന് തിരഞ്ഞെടുത്ത സംഭവങ്ങളെ ആസ്പദമാക്കി ഡോക്ടർ എം മുല്ലക്കോയയുടെ തൂലികയിൽ നിന്നും പിറവിയെടുത്ത അറുപത് കഥകളുമായി ആകാശവാണി കവരത്തി ഒക്ടോബർ നാലാം തീയതി മുതൽ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഉദയകിരണത്തിൽ പ്രക്ഷേപണം തുടങ്ങുകയാണ് കഥ ചിപ്പി പൈതൃകമായി കിട്ടിയ ദ്വീപിൻ്റെ സംസ്കാരം മനസ്സിലാക്കാൻ ഇതാ ഒരവസരം നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ആകാശവാണി കവരത്തിയിൽ അറിയിക്കാൻ മറക്കണ്ട